യതിരമരീസ്വേചോമ عليكോ വയിദ് ദേ പ്രവന്നകുരു ന പതനം തകരിവ സ്വപ്നമായി ഇതാ ദൃഷ്ടേ യന്ദർവ നഗരം ഇതാ atha विश्वमिദം ദൃഷ്ടം ഏദം ദേശ് വിചക്ഷണൈഹി അത് തന്നെ അറിയുന്നത് വൻഷത്വം അത് തന്നെയാണ് ബോധിപ്പിക്കുന്നതെന്ന് സ്വപ്നമായേ അസത് വസ്തുവാത്മിക സ്വപ്നം മായ ഇതെന്നെ അസത്താണ് മായ എന്നറിയേന്ദ്രചാരൻ അതെന്നെ അസത്താണെങ്കിലും സത്തുപോലെ അവിവേകികൾക്ക് ബാലന്മാർക്കും മറ്റും അങ്ങനെ പരമാർത്ഥത്തിൽ അസത്യമാണെങ്കിലും ജനപദ വ്യവഹാരാകീർണമന്ധർവ നഗരം ദൃശ്യമാനമേവ അകസ്മാത് അഭാവതാമൃതം കൃഷ്ഠം ഗന്ധർവ നഗരം പോലെ എന്ന് പറയുന്നു ഗന്ധർവ നഗരം എന്ന് പറയുന്നത് വിജനമായ സ്ഥലങ്ങളിൽ സഞ്ചരിക്കുന്നവർക്ക് അനുഭവപ്പെടുന്ന ഒരു കാഴ്ചയാണ് ഗന്ധർവനഗരം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഇല്ല വിജനമായ സ്ഥലത്ത് സഞ്ചരിക്കുന്ന ഒരാള് ജനവാസമുള്ള സ്ഥലത്ത് പ്രതീക്ഷിങ്ങനെ നടക്കുമ്പോൾ പെട്ടെന്ന് വളരെ വിശാലമായ പൊണ്യ ആപണ ഗൃഹപ്രാസാദ മാളികൾ വീടുകൾ കച്ചവട സ്ഥലങ്ങൾ കച്ചവട സാധനങ്ങൾ സ്ത്രീ പൂഞ്ചന സ്ത്രീകൾ പുരുഷന്മാരെല്ലാം ചേർന്ന വലിയൊരു ജനപദം വലിയൊരു നഗരം വ്യവഹാരമാക്കീരണോ അവിടെ പലതരത്തിലുള്ള യഥാർത്ഥത്തിലൊരു നഗരത്തിലേക്ക് പ്രവേശിക്കുന്നതുപോലെ കാണപ്പെടുന്നു നമ്മൾ സാധാരണ കാണാറില്ല കാരണം ഇന്ന് വിജനമായ സ്ഥലങ്ങളില്ല നമ്മൾ വിജനമായ സ്ഥലങ്ങളിൽ യാത്ര ചെയ്യാറില്ല പഴയകാലത്ത് വിജനമായ സ്ഥലങ്ങൾ കൂടുതലായിരുന്നു ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ദീർഘം യാത്ര ചെയ്യേണ്ടി വരും അങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് അകസ്മ പെട്ടെന്ന് വിഭ്രാന്തിയാണ് ഒരുപക്ഷെ താൻ അങ്ങനെ കാണാൻ ആഗ്രഹിച്ച ഒരു സ്ഥലം ആഗ്രഹിച്ച് നടക്കുമ്പോൾ തന്റെ മനസ്സിൽ തന്റെ കണ്ട സ്ഥലത്തെക്കുറിച്ചുള്ള ആ സംസ്കാരം കൊണ്ട് പെട്ടെന്ന് പ്രകടമാകുന്ന ഒന്നാണ് അതാണ് ഗന്ധർവ നഗരം എന്ന് പറയുന്നത് അങ്ങനെയൊന്നുമില്ല പക്ഷെ എല്ലാം ഉള്ളതുപോലെ തോന്നുന്നു അങ്ങനെ സംഭവിക്കാം എന്ന് പറയുന്നു ഞാനെന്തായാലും കണ്ടിട്ടില്ല പണ്ടുള്ള ആൾക്കാർ കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നു നമ്മളാരും കാണാൻ വഴിയില്ല കാരണം ഇന്ന് വിജനമായ സ്ഥലങ്ങളില്ലാത്തോണ്ടായിരിക്കും അങ്ങനെ കാണാം എന്ന് പറയുന്നു മരുമരീതിയും പോലും അത് ഇതിന് സമാനമായിട്ടാണ് നമ്മുടെ ജനമില്ല പക്ഷെ മരുഭൂമിയിലാണ് ജലമുള്ളതുപോലെ ജലം മാത്രമല്ല മരുമരിചയെക്കുറിച്ച് പറയുന്ന വിവരം ജലം കാണുന്നു എന്നല്ല അവിടെ വൃക്ഷങ്ങളും ജലവും എല്ലാം ഒരുമിച്ച് കാണും അങ്ങനെ സംഭവിക്കുക വിഭ്രാന്തി എന്നല്ലാതെ അതിനു പേര് അതുപോലെ ഗന്ധർവ നഗരം സംഭവിക്കാം ജലമില്ലാത്തടത്ത് ജലത്തിന്റെ അനുഭവം ഉണ്ടാകുന്നു എന്റെ മനസ്സിനു കാരണം ജലത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയും അതിന്റെ സംസ്കാരവും മറ്റ് പല സാഹചര്യങ്ങളും ഒരുമിച്ച് ചേരുമ്പോൾ അവിടെ ജലമില്ലാത്തടത്ത് ജലം കാണുന്നു അതുപോലെ മനുഷ്യരില്ലാത്തടത്ത് നഗരമില്ലാത്തടത്ത് നഗരത്തിന്റെ അനുഭവം ഉണ്ടാകുന്നു ാണ് ഗന്ധർവ നഗരം എന്ന് പറയുന്നത് അസത്യമായതുകൊണ്ടാണ് അതിന് ഗന്ധർവ നഗരം ഗന്ധർവൻ സൃഷ്ടിച്ച നഗരമാണ് മനുഷ്യൻ സൃഷ്ടിച്ചല്ല എന്നറിയുന്നു ദൃശ്യമാനമേവ സത് അതങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അകസ്മാത് അഭാവത്താണ് അത് ഇല്ലാതായി പോകുന്നതായി കാണുന്നു യഥാചസ്വപ്നമായി ദൃഷ്ടേ അസത് രൂപ തഥാ വിശമിതം ദ് സ്വപ്നവുമായി അനുഭവപ്പെടുന്നതു അനുഭവമാണതല്ല സ്വപ്നം നമ്മുടെ മനോരഥമോ ഭാവനയോ ഒന്നുമില്ല അനുഭവമാണ് ഇന്ദ്രജാലവും സ്വന്തം അനുഭവമാണ് കാണുന്നവന്റെ അനുഭവമാണ് പ്രത്യക്ഷമായ അനുഭവം പക്ഷെ അത് പിന്നീട് തിരിച്ചറിയുന്ന എന്താണത് അസത്താണ് പരമാർത്ഥമല്ല ം ദ്വൈതം സമസ്തം അസത്യം അതുപോലെ ഈ പ്രപഞ്ചം സമസ്തവും പ്രത്യക്ഷവുമായി അനുഭവിക്കുന്നുണ്ട് അത് പരമാർത്ഥമല്ല ഇതെവിടെയാണ് ഇങ്ങനെ പ്രതിപാദിക്കുന്നത് തന്റെ സത്യമാണ് അനുഭവപ്പെടുന്നത് അസത്യം എന്നുള്ള എന്ന് പറയുന്നു വേദാന്തേഷം അത് ശ്രുതിയിൽ പറയും തന്റെ അനുഭവത്തിലല്ല ശ്രുതിയുടെ കാര്യം പറയുന്നു ഇത് പരമാർത്ഥം അല്ല സ്ഹം നാനാസ്തികഞ്ചന ഇന്ദ്രോ മായാത്മീയവേദം അഗ്രസീ ബ്രഹ്മേവേദം അഗ്രസീ ദ്വൈഭയം നോ തദ്തീയമസ്തി എത്ര അതിസം ആത്മീയ അഭൂത്ത് ഇവിടെ എല്ലാം പറയുന്ന ഒരു കാര്യമാണ് ദേഹ നാനാസ്തി എന്ന് വെച്ചാൽ ഇവിടെ പലതില്ല പലതനുഭവപ്പെടുന്നതും അത് പരമാർത്ഥമല്ല ഇന്ദ്രൻ ആ ദേവൻ തന്റെ മായ കൊണ്ട് പല രൂപത്തെ പ്രാപിച്ചിരിക്കുന്നതാണ് ഈ പ്രപഞ്ചം ഒരു ദേവന്റെ തന്നെ വിഭൂതികളാണിത് ദേവൻ പരമാർത്ഥം ഇതൊന്നും പരമാർത്ഥമല്ല ആത്മീയവീതം അഗ്രഹാസി കേവലം ഏകം മാത്രമായിരുന്നു ഏകമായിരുന്ന ആത്മാ പലതായി കാണുന്നതാണ് ബ്രഹ്മവീരം അഗ്രഹാസി അതും അത് തന്നെ പറയുന്നു ദ്വിതീയാദ്വൈ ഭയം ഭൗതി ഈ ദ്വൈതമാണ് ഭയത്തിന് കാരണം അദ്വൈതത്തിൽ ഭയമില്ല ഭയക്കാൻ മറ്റൊന്നില്ല അതുകൊണ്ട് അദ്ദേഹ ബോധത്തിൽ എന്തുകൊണ്ട് ഭയം വരുന്നില്ല ഭയത്തിന് നിമിത്തം വേണം ഭയം വരും ഭയത്തിന് നിമിത്തമായി രണ്ടാമതൊന്നില്ല അതുകൊണ്ടത് അഭയമാണ് ഭയരഹിതമാണ് മസ്ജി രണ്ടാമതൊന്നില്ല പരമാത്മാവല്ലാതെ അന്യമൊന്നുമില്ല ഇത് എത്രസിയ സർവം ആത്മീയവാഭു ശ്രുതിനിങ്ങനെ പറയുന്നു ശ്രുതി എന്ന് പറയുന്നു ഇതിന് ഒരുവൻ എപ്പോഴാണോ സാക്ഷാത്കരിക്കുന്നത് എപ്പോഴാണോ സർവം ആത്മീയ ഈ നാനാത്വം മുഴുവൻ ആത്മാവായി തന്നെ അനുഭവപ്പെടുന്നത് താനായി തന്നെ അനുഭവപ്പെടുന്നത് എന്ന് ശ്രുതി പറയുന്നു അപ്പൊ അവിടെ ഞാൻ നീ എന്നുള്ള ഭേദം അവിടെ വിചക്ഷണഹി നിപുണതല വസ്തുദർശി ഭീ പണ്ഡിതൈഹി ഇക്കാര്യം ശ്രുതി പറയുന്നത് മാത്രമല്ല വിചക്ഷണന്മാർ നിപുണന്മാർ സമൃദ്ധന്മാർ വസ്തുദർശികൾ ധർമാർത്ഥത്തിൽ ഒരു വസ്തുവേ ഉള്ളൂ അത് സത്യമാണ് ആ സത്യത്തെ അറിയുന്നവർ പണ്ഡിതൈഹി പണ്ഡിതന്മാർ അവരും ഇത് പറയുന്നു ആത്മബോധമുള്ളവർ ശ്രുതി പറയുന്നു ആത്മബോധമുള്ളവർ പറയുന്നു എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നത് എന്താണ് ആത്മബോധമുള്ളവരുടെ വചനമാണത് വേദാന്ത ഉപനിഷത്ത് എന്ന് പറയുന്നത് വാക്യങ്ങളാണ് ഇതവരുടെ അനുഭവമാണ് നുഭവം തന്നെയാണ് ശ്രുതിയായി വെളിപ്പെട്ടിരിക്കുന്നത് തമസ്വഭ്രനിഭം ദൃഷ്ടം വർഷബുദ്ഭുതസന്നിഭം നാശപ്രായം സുഖാധീനം നാശോത്തരം അഭാവകം ഈ പ്രപഞ്ചാനുഭവത്തെക്കുറിച്ച് പറയുന്നു ഇത് തമ ശുഭ്രം പോലെയാണ് ശൂന്യമാണ് ഈ കാഴ്ചകളെല്ലാം എന്ന തമസ്വഭ്ര എന്താണോ ഇരുട്ടിലെ ഗർത്തം ഗർത്തം എന്ന് പറയുമ്പോൾ ഒരു കുഴി അതുവരെ ഇരുട്ട് മാത്രമായിരുന്നാൽ അവിടെ എന്താ ഒന്നും കാണാനില്ല അതുപോലെ ശൂന്യതയെക്കുറിച്ച് പറയുകയാണ് ആത്മഭിന്നമായി ശൂന്യമാണ് ആത്മാവായി സത്താണ് ആത്മഭിന്നമായി ഒന്നും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് അതിന് അങ്ങനെ പറയുന്നത് വശബുദ്ഭുത സന്നിഭം പക്ഷെ ഈ അനുഭവപ്പെടുന്നതോ അത് നീർക്കുമിളകളെ പോലെയാണോ വശബുദ്ബുതം പോലെയാണ് നീർക്കുമുളകളെ പോലെയാണോ ഇതിന് നിലനിൽപ്പിള്ളക്ഷണികമാണ് ചിന്തിക്കുന്നവനത് ക്ഷണികമാണ് പൂവു പറഞ്ഞ സർവവും ആത്മാവായി അനുഭവപ്പെടുന്നവനെ സംബന്ധിച്ചിടത്തോളവും ഇത് ക്ഷണികമാണ് ദുർബലമാണ് എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന് ഈ സംസാരത്തിന് ഈ ആത്മാവിനെ ബന്ധിക്കുന്നതിനുള്ള ശേഷി സംസാരം എന്നെല്ലാം പറയുന്നത് വെറും കല്പന മാത്രമാണ് സത്തായൊന്നല്ല നാശപ്രായം ഇത് നശിക്കാതിരിക്കുമ്പോൾ തന്നെ നശിക്കുന്നതാണ് അത് സത്യമാണ് നിലനിൽക്കുന്നതാണ് അനാദി അനന്തമാണ് എന്നെല്ലാം ചിന്തിക്കുമ്പോഴും ഇത് നശിക്കുന്നതാണ് നിലനിൽപ്പില്ലാത്തതാണ് അസത്താണ് അന്തസാരശൂന്യമാണ് സുഖാധീനം സുഖരഹിതമാണോ മനസ്സ് ഇതിൽ സുഖത്തെ കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇത് സുഖരഹിതമായ ഒന്നാണ് നാശോത്തരം അഭാവകം ഇത് നശിച്ചു കഴിഞ്ഞാൽ അത് ശൂന്യമായി പോകുന്നു പിന്നെ ഇതിന് തിരിച്ചു വരാൻ കഴിഞ്ഞില്ല സംസാരം ഒരിക്കലും അപ്രത്യക്ഷമായാൽ രണ്ടാമതും വരിക എന്നുള്ള സംഭവിക്കുന്നില്ല മറ്റു പലതെന്ന് നശിച്ചുകഴിഞ്ഞാൽ വീണ്ടും ഇല്ല ഒരു രൂപത്തിലല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ വരാം സംസാരത്തെ സംബന്ധിച്ചങ്ങനെയല്ല നാശപോത്രം ഇത് നശിച്ചു കഴിഞ്ഞാൽ ഒരിക്കൽ ഒരുവന് ഇതിന്റെ സത്യം ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് ഇതിന്റെ ശല്യം ഉണ്ടാകത്തില്ല ഒരിക്കലും എന്നേക്കുമായി അഭാവകം അഭാവമായി തീരുന്നു എന്ന് വെച്ചാൽ പിന്നീടൊരിക്കലും ഇതിനെ ബന്ധിക്കുന്നതിനുള്ള ശേഷി ഇല്ലാതായിത്തീരുന്നു ഇത്തരക്കാലത്തിലും ഇത് പരമാർത്ഥമല്ല എന്ന് ബോധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിന് ശക്തിയില്ല പിന്നെ സംസാരമെന്നെല്ലാം പറയുന്നതിന് അർത്ഥമില്ല ഇത് വ്യാസസ്മൃതി വ്യാസനും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ സംസാരം ഈ പ്രപഞ്ചം ഈ അനുഭവങ്ങളെല്ലാം അന്ധസാര ശൂന്യങ്ങളാണ് ആത്മാവ് ഒന്നാണ് ഈ നാലാരൂപത്തിൽ ം ചെയ്യുന്നത് അതുമാത്രമാണ് സത്യമായിട്ടുള്ളത് അതാണ് തന്റെ സ്വരൂപം അക്കാര്യമാണ് കൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് സ്വപ്നമായി യഥാദൃ ഗന്ധർവ്വ നഗരം യഥാ തഥാ വിശ്വമിതം ദൃഷ്ടം पितां तेसु विद्याक्षणाईहि न नेरो धो न चोत्पत्तर न बुद्धो न च साधकः न मुमुच्छर न वै मुक्ता इतिशा परमार्थता तदनार्थ उपसंहारार्थ उपसंग्रहारार्थो अयमस्म പ്രകടനത്തിൽ ഇതുവരെ പറഞ്ഞു വന്ന കാര്യങ്ങൾ അതിന് സംഗ്രഹിച്ചിവിടെ പറഞ്ഞിരിക്കുന്നു ഈ പറയുന്നതിന്റെ താല്പര്യം ഇതാണ് പരവുമായ താല്പര്യം ഇതാണ് ഇതുവരെ പറഞ്ഞു മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ് എന്താണോ യഥാ വിദം ദ്വൈതം ആത്മീയ പരമാർത്ഥ സ്ഥലം തഥാ ഈ അനുഭവങ്ങൾ ജാഗ്ര സ്വപ്ന സുഷക്തി രൂപത്തിലുള്ള ഈ അനുഭവങ്ങൾ ദ്വൈതം എന്ന് പറയുന്നതാണ് ഇത് വിധകം ഇത് അസത്യമാണ് എന്നൊരുവന് ബോധിച്ചു കഴിഞ്ഞാൽ അതൊരുവന് ആന്തരികമായി ബോധ്യപ്പെട്ട ആത്മാവേക പരമാർത്ഥത ആത്മാവ് താൻ ആണ് പരമാർത്ഥമായിട്ടുള്ളത് തന്റെ കാഴ്ചകളല്ല തന്റെ ദൃശ്യങ്ങളല്ല ആത്മാവ ഏക പരമാർത്ഥം താൻ ഏകനായിരിക്കുന്നവൻ അതാണ് പരമാർത്ഥം എന്ന് ബോധ്യപ്പെട്ടാൽ അതിന്റെ സ്ഥാനം എന്തായിരിക്കും അവിടെ നമ്മൾ ഗ്രഹിക്കുന്ന തത്വം എന്തായിരിക്കും ഇതം നിഷ്പന്നം പോകും അത് നിഷ്പന്നമായിരുന്നു എന്താണ് സർവോയം ലൗകികോ വൈദികശ വ്യവഹാര അവിദ്യാവിഷ്യ പരമാർത്ഥമല്ല എന്ന് പറഞ്ഞു ഈ കാണുന്ന സർവവ്യവഹാരങ്ങളും ലൗകികമായിട്ടുള്ള സർവസാധാരണമായിരിക്കുന്ന വ്യവഹാരങ്ങൾ സർവസാധാരണമായിരിക്കുന്ന വ്യവഹാരങ്ങൾ എന്ന് പറയുമ്പോഴാണ് ഈ ജാഗ്ര സ്വപ്ന സുഷുതികളിൽ അനുഭവപ്പെടുന്ന സർവ്വതും വൈദികമായിട്ടുള്ളവയും അന്ന് വേദത്തിന് പ്രാധാന്യങ്ങളുണ്ടെന്നും പറയുന്നു വേദത്തിന് കർമ്മകലാപങ്ങൾ ഇതപ സർവവും അവിദ്യാവിഷയുക ഇതെല്ലാം അവിദ്യാപരിണാമമാണ് ആത്മാവിൽ ആരോപിതമാണ് പരമാർത്ഥമല്ലാതെ ചെറുത് അസത്യമാണ് പരമാർത്ഥമല്ലെങ്കിൽ നിരോധ നിരോധനം നിരോധ തുള്ളയ ഉത്പത്തിജനം ഇത് രണ്ടും കൂടെ സംഭവിക്കുന്നുണ്ടോ അതാണ് പരമാർത്ഥ വിഷ പരമാർത്ഥത ആ പരമാർത്ഥത എന്നുള്ളതിനാണ് പ്രാധാന്യം പരമാർത്ഥത എന്നുള്ള വിട്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആശയക്കുഴപ്പം വരും നിരോധത്തെയും ഉത്പത്തിയും ിക്കുക പ്രളയത്തെയും സൃഷ്ടിയെയും ഇവിടെ നിഷേധിക്കുക സൃഷ്ടിയെ നിരോധിച്ചുകഴിഞ്ഞാൽ പ്രളയത്തെ നിരോധിച്ചാൽ നമുക്കവിടെ വിരോധം തോന്നുന്നുണ്ട് കാരണം പ്രളയം ഇനി വരേണ്ടതാണ് സംഭവിക്കേണ്ട പ്രളയത്തെയാണ് ഈ പ്രപഞ്ചത്തിന്റെ ആത്യന്തികമായ നാശം ഇല്ല എന്നാണെങ്കിലും ശരി പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യമാണ് പക്ഷേ ഉത്പത്തിയെ നിഷേധിച്ചു കഴിഞ്ഞാൽ ഉത്പത്തിയില്ല എന്നാണ് പറയുന്നത് താൻ ഉൾപ്പെടെയുള്ള ഒന്നിൽ ഉത്പത്തിയില്ല എന്നാണ് തനിക്ക് തന്റെ ഉത്പത്തി തന്നെ ഒരു വിഷയമാണ് താൻ ഉത്പന്നനായിരിക്കുന്നു ജനിച്ചിരിക്കുന്നു പ്രപഞ്ചം തനിക്ക് മുമ്പ് തന്നെ ഉത്പന്നമായതാണ് ഉത്പത്തിയെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ സ്ഥിതിയെ നിഷേധിക്കേണ്ടി വരും ഉത്പന്നമായത് സ്ഥിതി സ്ഥിതിയെ നിഷേധിച്ചു കഴിഞ്ഞാൽ ചോദിക്കും എന്നാൽ ഈ കാണുന്നതൊക്കെയുണ്ട് താൻ ഉത്പന്നമായതുകൊണ്ടാണ് താനിപ്പോ ചിന്തിക്കുന്നത് ഉത്പത്തിയില്ല എന്ന് ചിന്തിക്കുന്നത് പോലും താൻ ജനിച്ചത് കൊണ്ടാണ് ജനിച്ചില്ലെങ്കിൽ താൻ ജീവിക്കത്തില്ല ജീവിച്ചില്ലെങ്കിൽ ചിന്ത വരത്തില്ല ഉത്പത്തിയെ ഉള്ളതുകൊണ്ടാണ് ഇനി ചിന്തയും എല്ലാം നടക്കുന്നത് സ്ഥിതി എന്നർത്ഥം സ്ഥിതി നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷമായിരിക്കെ ഉത്പത്തി എങ്ങനെ നിഷേധിക്കും ഉത്പത്തിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെങ്ങനെ ഒരാൾക്ക് സ്വീകരിക്കാൻ പറ്റും ഉത്പത്തിയില്ലെങ്കിൽ ഇവിടെ ആര് ആരോടെന്ത്പദേശിക്കുന്നു ഉപദേശിക്കാൻ ഒരാളില്ല കേൾക്കാൻ ഒരാളില്ല കാരണം ഉത്പത്തിയില്ല ഉത്പത്തി നിഷേധിച്ച സ്ഥിതി നിഷേധിക്കേണ്ടി സ്ഥിതിയെ നിഷേധിച്ചു കഴിഞ്ഞാൽ ഉപദേശങ്ങളെല്ലാം വീർഘമായി തീരും ഉത്പത്തിയും നിരോധമില്ല എന്ന് പറഞ്ഞ എന്താ താല്പര്യം അതാണ് പറയുന്നത് പരമാർത്ഥത അത് പരമാർത്ഥത്തിൽ പറയുകയാണ് ഇവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും പാരമാർത്ഥികമായ ഒരു തത്വത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു അവസ്ഥയെ കുറിച്ച് ആ പാരമാർത്ഥികമായ തത്വത്തിൽ അല്ലെങ്കിൽ ആ പാരമാർത്ഥികമായ അവസ്ഥയിൽ ഉത്പത്തി സ്ഥിതി ലയം ഒന്നുമില്ല എന്ന് പറയുന്നു മറിച്ച് നമ്മുടെ അനുഭവത്തിൽ ഇല്ലെന്നല്ല പറയുന്നത് നമ്മുടെ ഇന്നത്തെ ഈ അനുഭവത്തിൽ ഉത്പത്തിയും സ്ഥിതിയും എല്ലാം കൊണ്ട് ആ അനുഭവത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഇത് പറയാൻ സാധ്യമു പറയാൻ ആളില്ലാതെ വരും കേൾക്കാനും ആളില്ലാതെ വരും ഇവിടെ പറയുന്നത് എന്താണ് നമ്മുടെ ഈ അനുഭവത്തിന് അതീതമായ ഒരു പാരമാർത്ഥികമല്ല അടുത്ത് പറയും ആത്മാവിന്റെ സ്വരൂപസ്ഥിതി സ്വരൂപാവസ്ഥാനം അത് തന്നെ മുക്തി എന്ന് പറയും നിസ്ത്രേയസം എന്ന് പറയും പരമാർത്ഥിക സ്ഥിതി സ്വരൂപസ്ഥിതിയിൽ അവിടെ ഉത്പത്തിസ്ഥിതി നാശങ്ങൾ ഇല്ല എന്നാണ് അല്ലാതെ ഇപ്പോ ഇല്ലെന്നല്ല പറയുന്നു ഇപ്പോ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വൈരുദ്ധ്യമായി ഒരാൾക്ക് ഉത്പത്തിസ്ഥിതി നാശങ്ങളെല്ലാം അനുഭവത്തിലുണ്ടെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ഉള്ളത് ആരാണോ സ്വരൂപസ്ഥിതനായിത്തീരുന്നത് ഈ ഉത്പത്തിസ്ഥിതി നാശങ്ങൾക്കെല്ലാം അതീതനായിത്തീരുന്നത് താൻ ഉത്പത്തിസ്ഥിതി നാശങ്ങൾക്ക് അതീതനായ പരമാത്മ സ്വരൂപമാണെന്ന് ആർക്കാണോ ബോധ്യപ്പെട്ടിരിക്കുന്നത് അയാളിൽ ജനനം സ്ഥിതി മരണം ഒന്നും സംഭവിക്കുന്നില്ല അപ്പോൾ ആ പാരമാർത്ഥിക അവസ്ഥയിലാണ് ഇതിനെ നിഷേധിക്കുന്നത് അതിനുവേണ്ടിട്ട് നമ്മളിവിടെ പ്രാധാന്യം കൊടുക്കേണ്ടതാ പരമാർത്ഥത എന്നാണ് അതുകൊണ്ട് തന്നെ എന്ത് പറയുന്നു നമ്മളീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പ്രവൃത്തിയുടെ തലമാണ് അനുഭവത്തിന്റെ തലമാണ് അതുകൊണ്ട് തന്നെ വ്യവഹാരിക എന്ന് പറയുന്നു വ്യാവഹാരിക തലമെന്ന് പറയുന്നു ഈ വ്യാവഹാരിക തലത്തിൽ ഇതിനെ നിഷേധിക്കുന്നില്ല ബദ്ധ ഇവിടെ ബദ്ധനില്ല എന്നും പറയുന്നു ാണ് മോചനത്തിനുവേണ്ടി പരിശ്രമിക്കുന്നത് അങ്ങനെ ബദ്ധനായ ഒരുവനില്ല സംസാരത്തിൽ ബദ്ധനായവനില്ല സംസാരി ജീവ അവനാണ് ബദ്ധന അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നില്ല എന്ന് ഈ സംസാരത്തെ കണ്ടുകൊണ്ടിരിക്കുന്നവനോട് നീ കാണുന്ന സംസാരം ഇല്ലെന്നല്ല പറയുന്നു പരമാർത്ഥത്തിൽ നീ ഇതിനുപരിയാണ് എന്നാണ് ബോധിപ്പിക്കുന്നത് അതാണ് പരമാർത്ഥത കാരണം താൻ ബദ്ധനാണെന്നുള്ളത് ഒരു ജീവന്റെ അനുഭവമാണ് അനുഭവത്തെ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിഷേധിച്ചാൽ അത് വൈരുദ്ധ്യമായി തന്റെ അനുഭവത്തിന് വിരുദ്ധമായ യുക്തിക്ക് വിരുദ്ധമായ ഒരു കാര്യത്തെ ബോധിപ്പിക്കുന്നു അത് ശ്രുതിയാണ് ബോധിപ്പിച്ചാലും ശരിയാകത്തില്ല അതുകൊണ്ട് അതല്ല ഇവിടെ ബോധിപ്പിക്കുന്നു നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അനുഭവിക്കുന്നില്ല എന്നല്ല പറയുന്നു അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ബന്ധനം അനുഭവിക്കുക തന്നെയാണ് എന്നാൽ അത് പരമാർത്ഥമല്ല എന്നെ ബോധിപ്പിക്കുന്നു എന്റെ ഈ സംസാരിത്വം ഈ ജീവഭാവം പരമാർത്ഥമല്ല ജീവഭാവമല്ല പരമാത്മഭാവമാണ് പരമാർത്ഥത ഏഷ പരമാർത്ഥത സാധക സാധകനില്ല ഇവിടെ സിദ്ധിക്കു വേണ്ടിയാണ് സാധനങ്ങൾ ഇവിടെ എന്താണ് ശ്രദ്ധിക്കേണ്ടത് മോക്ഷം ആ മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ശ്രവണാദി സാധനങ്ങൾ അനുഷ്ഠിക്കുന്നവർ ഇവനില്ല എന്നോ ഈ പറയുന്നതും കേൾക്കുന്നതും തന്നെ സാധനയായിരിക്കേ സാധകൻ ഇല്ലയെന്നിങ്ങനെ പറയാൻ പറ്റും ഈ ഉപദേശം ഇതാണ് സാധന എന്ന് പറയുന്നത് സാധകനില്ല എന്ന് പറയുന്നത് പോലും സാധനം ബദ്ധനും മോക്ഷവും സാധകനുമില്ല എന്ന് പറയുന്നത് ബോധിപ്പിക്കുന്നതും ബോധിക്കുന്നതുമാണ് സാധന അങ്ങനെ ഇരിക്കെ സാധകനില്ല എന്ന് പറഞ്ഞാൽ എന്താ എന്റെ താത്പര്യം വ്യാഘാത ദോഷം വരും അപ്പത് അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടത് എന്താണോ ഒരു പാരമാർത്ഥിക തലമുണ്ട് അത് നീ നിൽക്കുന്ന തലമല്ല നീ നിൽക്കുന്ന തലത്തിൽ നീ സാധകനാണ് ബദ്ധനാണ് അതിനപ്പുറം ഒരു തലമുണ്ട് അവിടെ സാധനയും സാധ്യവും സാധകനുമില്ല അതാണ് നിന്റെ ആത്മസ്വരൂപം അവിടെയല്ല നിന്റെ ജീവഭാവത്തിലാണ് നേരത്തെ പറഞ്ഞുള്ള ജീവൻ കൽപ്പയിലെ പൂർവം ആ ജീവനെ ഈ തുര്യൻ കൽപ്പിച്ചത് ആ ജീവൻ സാധകനാണ് ബദ്ധനുമാണ് പക്ഷെ ആ ജീവൻ സാധകനായിരിക്കെ അവന്റെ സാധന എന്താണ് ഇവിടെ ശ്രുതി പറയുന്ന സാധനം താൻ സാധകൻ അല്ലാന്ന് ബോധിക്കുകയാണ് സാധനം ഇവിടത്തെ സാധനങ്ങളായിരിക്കെ ഇവിടുത്തെ സാധന എന്താണ് താൻ ബദ്ധനല്ല എന്ന് ബോധിക്കുക അങ്ങനെ ബദ്ധനായിരിക്കുന്നവരും ബന്ധനല്ല എന്ന് ബോധിക്കുക താൻ ബദ്ധനായിരിക്കുന്ന സാധകനായിരിക്കുന്ന ഈ അവസ്ഥ ഇത് പരമാർത്ഥമല്ല പാരമാർത്ഥികമായൊരു നില കൊണ്ട് അതാണ് തന്റെ സ്വരൂപം അവിടെ താൻ സാധകനല്ല എന്ന് ബോധിക്കാന്നുള്ളത് അപ്പോ ആ പരമാർത്ഥത്തെ ബോധിക്കുമ്പോൾ അതാണ് പരമാർത്ഥമെന്നൊരുവന് നുഭവപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ ആ സാധകാവസ്ഥ ഇല്ലാതാകുന്നു അവൻ സാധകനല്ലാതായിത്തീരുന്നു അതപ്പോ മാത്രം താൻ സാധകനായിരിക്കുകയും താൻ സാധനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ അതിനാണ് വ്യവഹാരമെന്ന് പറയുന്നത് അല്ലെങ്കിൽ വ്യാവഹാരികമായ അവസ്ഥ അവിടെ താൻ സാധകനല്ല എന്നല്ല ബോധിപ്പിക്കുന്നു ഇവിടെ താൻ സാധകൻ തന്നെയാണ് മാത്രമല്ല അവിടെ താൻ സാധകനാണെന്നുള്ളത് ഉപദേശിക്കുകയാണ് എന്തുകൊണ്ട് എന്നാലും ഈ ഉപദേശം സാർത്ഥകമാവും അല്ലെങ്കിൽ ആരാരോട് ഉപദേശിക്കും സാധകനായതുകൊണ്ടാണ് ഉപദേശിക്കുന്നത് ആ ഉപദേശത്തെ ശ്രവിക്കുന്നത് തന്നെയാണ് സാധനം അതുകൊണ്ട് തന്നെ താൻ സാധകനായിരിക്കുന്നു അപ്പോ ഇന്നത്തെ ഈ അനുഭവത്തെ ഈ ജാഗ്രത അനുഭവത്തെ ഇതേപടി നിഷേധിക്കുന്നതിന് വേണ്ടിയല്ല പറയുന്നത് ഇത് കേവലമായ പരമാർത്ഥത്തിൽ മാത്രമാണ് പരമാർത്ഥം നമുക്ക് ചൂടി കാണിച്ചു തരികയാണ് അവിടെ നീ സാധനാവാനുമല്ല മുമക്ഷ മോച്ചനാർത്തി നീ മുമ്മൂക്ഷുവല്ല ഇവിടെ നീ മുമുക്ഷണം ഇവിടെ നീ മൂക്ഷു അല്ലെന്നല്ല പറയും എന്തുകൊണ്ട് നീ മുമുക്ഷുവായതുകൊണ്ടാണ് നീ തത്വത്തെ ശ്രവിക്കുന്നത് മുമക്ഷുവായതുകൊണ്ടാണ് താൻ സാധകനല്ല ബദ്ധനല്ല മുക്തനല്ല എന്നെല്ലാം ശ്രവിക്കുന്ന എന്തുകൊണ്ട് മുമുക്ഷുവായത് നിന്റെ ഇന്നത്തെ അവസ്ഥ നിഷേധിക്കില്ല ഇതിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ നിന്റെ ശ്രവണത്തെയും സാധനേയും മുമുക്ഷത്വത്തെയും എല്ലാം അംഗീകരിച്ചുകൊണ്ട് തന്നെ നിന്റെ സ്വരൂപത്തിൽ അവിടെ ജ്ഞാനവും കർമ്മവും ഒന്നും നിൽക്കാത്ത ആ തലത്തിൽ നിനക്ക് മുമ്മൂക്ഷുവായിരിക്കാൻ പറ്റും മൂക്ഷു എന്ന് പറഞ്ഞാൽ ഇച്ഛിക്കുന്നവനാണ് ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവനാണ് ഇച്ഛയും പ്രവൃത്തിയും ഒന്നും നടക്കാത്ത നിന്റെ സ്വരൂപത്തിൽ നീ മുമ്മുക്ഷുവല്ല ആ സ്വരൂപത്തെ ബോധ്യപ്പെട്ടാൽ ആ നിമിഷം അവൻ പിന്നെ മുമൂക്ഷുവല്ലാതായി തീരൂ പറയുന്നത് നിമുക്തനുമല്ല എന്ന് പറയുന്നു മുക്തനെന്ന് പറയുന്നതും എന്താണെന്ന് ഒരു കല്പനയാണ് ഒരാളെ കുറിച്ച് നമ്മൾ കൽപ്പിക്കുന്നു എന്താണെന്ന് ഗുരുവിനെ കുറിച്ച് കൽപ്പിക്കുന്നു ഗുരുമുക്തനാണ് തന്നെ കുറിച്ച് കൽപ്പിക്കുന്നു തൻ ബദ്ധനാണ് രണ്ടു കല്പനയിലും യാതൊരു വ്യത്യാസമില്ല രണ്ടും മനസ്സിന്റെ കൽപ്പനയാണ് തന്നെ കുറിച്ച് താൻ എങ്ങനെയാണോ ബന്ധനെന്ന് കൽപ്പിച്ചത് അതുപോലെ തികച്ചും അസംബന്ധമാണ് ഗുരുവിനെ മുക്തനെന്ന് കൽപ്പിക്കുക എന്തുകൊണ്ട് ആത്മസ്വരൂപത്തിൽ ബന്ധമോക്ഷങ്ങളില്ല ബന്ധമോക്ഷങ്ങളില്ലാത്ത ഒരിടത്ത് ബന്ധനത്തെ കൽപ്പിക്കുക പിന്നീട് മോചനത്തെ കൽപ്പിക്കുക ഇത് അസംബന്ധമാണോ അത് പരമാർത്ഥമല്ല പരമാർത്ഥമായ ആത്മാവ് ഒരിക്കലും മുക്തനല്ല ബന്ധനത്തിൽ നിന്നേ മോചിക്കാൻ പറ്റും ബന്ധനത്തിലേക്ക് വന്നിട്ടില്ലെങ്കിൽ തന്നെ എങ്ങനെ മോചിക്കും മോചിക്കാത്ത ഒരാളെങ്ങനെ മുക്തനെന്ന് പറയാൻ പറ്റും അതുകൊണ്ടാണ് വേറൊരു ഭാഷ പറയുന്നത് എന്താണ് നിത്യമുക്തൻ നിത്യമുക്തനെന്ന് പറഞ്ഞാൽ എന്താണ് ആത്മാവ് ബന്ധനത്തിലേക്ക് വന്നിട്ട് പിന്നീട് മോചനത്തിലേക്ക് പോകുന്നതല്ല അത് ബന്ധനത്തിനും മോചനത്തിനും ഉപരിയായി സ്ഥിതി ചെയ്യുന്നതാണ് എങ്ങനെ പരമാർത്ഥത അതാണ് പാരമാർത്ഥികമായ സത്യമായ പരമാർത്ഥം എന്ന് വെച്ചാൽ സത്യം യഥാർത്ഥമായ സ്ഥിതി അതാണ് അതുകൊണ്ട് ശ്രവണം ചെയ്യുന്നവൻ മനനം ചെയ്യുന്നവൻ ആത്മബോധത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് അത് ചെയ്തു അത് സ്വാനുഭവത്തിലേക്ക് വന്നില്ലെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിക്കുമ്പോഴും അവൻ അറിയുന്നു എന്താണ് താൻ ബദ്ധനല്ല അത് പരമാർത്ഥമാണോ താൻ സാധന ചെയ്യുമ്പോഴും അവൻ അറിയുന്നു അല്ലെങ്കിൽ അവൻ അറിഞ്ഞുകൊണ്ട് സാധന ചെയ്യുന്നു എന്താണോ താൻ സാധകനല്ല മുമുക്ഷുവായിരിക്കുമ്പോൾ മോക്ഷത്തെ ആഗ്രഹിക്കുമ്പോഴും അവൻ അറിയുന്നു എന്താണ് തന്നെ ോക്ഷയില്ല മുക്തി ആഗ്രഹിക്കുമ്പോഴും ഇവിടെ മുക്തി ആഗ്രഹിക്കുന്നവനെ തന്നെ ബോധിപ്പിക്കുകയാണ് ശ്രുതി മുക്തി നിന്റെ കൽപ്പനയാണ് ഒരിക്കലും നിനക്ക് മുക്തനാകാൻ സാധ്യമല്ല കാരണം നിന്റെ സ്വരൂപത്തിൽ ഒരിക്കലും ബന്ധനം സംഭവിച്ചിട്ടില്ല നിബദ്ധനല്ല പിന്നെങ്ങനെ മുക്തനാകും കെട്ടിയിട്ട് ഒരാളെ നമുക്ക് അഴിച്ചുവിടാൻ പറ്റും ബന്ധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെ മോചിപ്പിക്കാൻ കഴിയും അതാണ് പരമാർത്ഥം ഈ പറയുന്നതിനു വേണ്ടി മോക്ഷെ ഉപേക്ഷിക്കാനോ ഇതിന് ശരിയായ രീതിയിലല്ല ഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ ധരിക്കുന്ന എന്താണ് ഇതാണ് പരമാർത്ഥമെന്ന് ബോധിപ്പിക്കുന്നതുകൊണ്ട് താനിനെ മോക്ഷിച്ചു ആയിരിക്കാൻ പാടില്ല സാധനങ്ങൾ അനുഷ്ഠിക്കാൻ പാടില്ല മുക്തിക്ക് വേണ്ടി പരിശ്രമിക്കാൻ പാടില്ല എന്തൊക്കെ ധരിച്ചു അങ്ങനെ ധരിക്കാനല്ല ഇത് ഉദ്ദേശിക്കുന്നു എന്താണ് പരമാർത്ഥം എന്താണോ അതിന് തന്റെ ബുദ്ധി കൊണ്ട് ഗ്രഹിച്ചുകൊണ്ട് ഇതാണ് തന്റെ സംശയരഹിതമായി ഭ്രമരഹിതമായി അവ്യീക്തതയില്ലാതെ അജ്ഞാനം കൂടാതെ ബോധിക്കുന്നതിന് വേണ്ടി താൻ സാധകനായിരിക്കാനാണ് ഇവിടെ ആവശ്യപ്പെടുന്നത് ഇപ്പൊ പരമാർത്ഥത്തെ ബോധിച്ചവനായിരിക്കണം പരമാർത്ഥത്തെ ബുദ്ധി കൊണ്ട് ബോധിച്ചവനായിരിക്കും അല്ലാതെ സാധന ചെയ്തു കഴിഞ്ഞാൽ അതവനവരിടത്തും എത്തിക്കത്തില്ല ഈ തത്വത്തെ ഗ്രഹിച്ചുകൊണ്ട് സാധനം അപ്പോൾ ഈ തത്വത്തെ ഗ്രഹിച്ചെന്താ സാധന ഈ തത്വത്തെ ഒരുവന്റെ ബുദ്ധിക്ക് ബോധ്യപ്പെട്ടുകഴിഞ്ഞാൽ തന്റെ യോഗ്യതയനുസരിച്ച് എന്ത് സാധനയാണ് ചെയ്യേണ്ടത് അത് ചെയ്യും തന്റെ യോഗ്യതയനുസരിച്ചെന്ന് പറഞ്ഞാൽ കർമ്മയോഗം തുടങ്ങി ഏത് യോഗമോ ഏത് ത്യാഗമോ ഏത് പക്ഷെ ആത്യന്തികമായ പരമാർത്ഥം ഇതാണ് അതാണ് ഇവിടെ ബോധിപ്പിക്കുന്നത് ഈ പരമാർത്ഥത്തെ ഒരാൾക്ക് ശരിക്കും ബോധിച്ചു കഴിഞ്ഞാൽ ബോധിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പിന്നീട് സംശയങ്ങൾ വരാതെ അതാണ് ആ ബോധ്യപ്പെടൽ എന്ന് പറയുന്നത് പരമാർത്ഥത്തിൽ തന്നിലൊന്നും ഇല്ല എന്ന് ശ്രുതി ബോധിപ്പിക്കുന്നത് ഇത് സത്യമാണോ എന്നുള്ള ദൃഢനിശ്ചയം ഗുരുവനും വന്നു കഴിഞ്ഞാൽ അതിൽ സംശയം വരാതിരുന്നു കഴിഞ്ഞാൽ അതിനെ തന്നെ മനനം ചെയ്യുന്നു ആ പരമാർത്ഥ തത്വത്തെ തന്നെ മനനം ചെയ്യുന്നു അത് പിന്നീട് മറ്റൊരു സാധനയുടെ ആവശ്യം ഇതിന്റെ മനനം തന്നെ അവന്റെ സാധന അതുകൊണ്ടാണ് അതിന്റെ പരമാർത്ഥത എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഒരു സാധകനെ ഇങ്ങനെ ബോധിപ്പിക്കുന്നത് എന്താണോ നീ സാധകനല്ല ഒരു മുമക്ഷകനെ ബോധിപ്പിക്കുകയാണ് നീ മുമുക്ഷുവല്ല എന്ന് പറയുമ്പോൾ ആ പരമാർത്ഥത്തെ ബോധിച്ചുകൊണ്ട് നീ മുമൂക്ഷവും സാധകനുമായിരിക്കുക ആ പരമാർത്ഥത്തെ ബോധിപ്പിച്ചുകൊണ്ട് ബോധിച്ചുകൊണ്ട് മുക്തിക്ക് വേണ്ടി പരിശ്രമിക്കുക ഇതുപോലെ തന്നെയാണ് ഗുരുവില്ല ശിഷ്യനില്ല എന്ന് പറയുന്നിടത്തല്ല ഗുരുത്വത്തെയും ശിഷ്യത്വത്തെയും ഒരേ രീതിയിൽ നിഷേധിക്കുന്ന രീതി പരമാർത്ഥത്തിൽ തന്നെ അത്തരം കല്പനകൾക്കൊന്നും നിലനിൽ എന്നറിഞ്ഞുകൊണ്ട് ശിഷ്യനായിരിക്കും ഗുരുവിനെ ഗുരുവായി പക്ഷേ ആ തത്വബോധം തന്റെ ഉള്ളിൽ വേണം ആ തത്വബോധത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ പരിശ്രമങ്ങളെല്ലാം ചോദിക്കുക ആ തത്വത്തെ ബോധിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റെന്തെങ്കിലും ചെയ്യാനുണ്ടോ ഇല്ല തത്വത്തെ ബോധിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നും ചെയ്യാനില്ല പിന്നെ ഈ സാധനങ്ങളെല്ലാം തത്വത്തെ താൻ ബോധിച്ചു എന്ന് കരുതുകയും അത് ബോധിക്കാതിരിക്കുകയും ചെയ്തു തത്വത്തെ ബോധിച്ചു എന്ന് തനിക്ക് തോന്നുകയും വീണ്ടും അപൂർണതകൾ അനുഭവപ്പെടുകയും ചെയ്യും തത്വത്തെ ബോധിച്ചെന്ന് ഭ്രമിക്കുകയും വീണ്ടും സംശയവും ഭ്രമവും അജ്ഞാനവും അതേ വിഷയത്തിൽ തന്നെ തുടരുകയും ചെയ്യുമ്പോൾ പിന്നെ സാധനയുടെ ആവശ്യമുണ്ട് തത്വബോധത്തിൽ ഒന്നിന്റെയും ആവശ്യമുണ്ട് അഭിഭാഷകാരൻ ഒന്ന് പറഞ്ഞത് മറ്റൊരു സാധനയുടെയും ആവശ്യമില്ല ബോധിച്ച പക്ഷെ തത്വത്തെ ബോധിപ്പിക്കുമ്പോൾ ഗുരു ശാസ്ത്രം ശ്രുതി ബോധിപ്പിക്കുമ്പോൾ അവിടെ വീണ്ടും അപൂർണതകൾ അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ സംശയങ്ങൾ ബാക്കി നിന്നാണ് ജഗദ്ഭ്രാന്തി ജഗത്തിലെ സത്യത്വബോധം അതറ്റുപോകുന്നില്ല എങ്കിൽ അവിടെ എന്താണ് ആ അനുഭവം അപൂർണമാണ് ആപാദജ്ഞാനമാണ് അതിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയുള്ള പരിശ്രമം എന്നുള്ള ആലിക്ക് ഇത്തരം മനനങ്ങൾ തുടരും ആ മനനത്തിൽ പ്രധാനമായിട്ടുള്ള ഒന്നാണ് പരമാർത്ഥത തന്റെ അനുഭവത്തിന് ഇന്നുള്ള അനുഭവത്തിന് അതീതമാണ് പക്ഷെ തന്റെ ഇന്നത്തെ അനുഭവത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ആ അനുഭവത്തെ അനുസരിച്ച് തനിക്ക് കാരണം ശ്രുതി ബോധിപ്പിച്ചത് തനിക്ക് ബോധിക്കാൻ കഴിഞ്ഞില്ല തന്റെ അശക്തി തന്റെ പോരായ്മകളാണ് അതിന് കാരണമായിരിക്കും അപ്പൊ തന്റെ ആ പോരായ്മകൾ തനിക്ക് സത്യമായി തന്നെ അനുഭവപ്പെടുന്നു ആ പോരായ്മകൾ നിലനിർത്തുന്നതു കൊണ്ടാണ് ഈ അനുഭവത്തിന്റെ ഒരു പൂർണ്ണത അനുഭവപ്പെടാറ് അനുഭവത്തിന്റെ പൂർണ്ണത എന്ന് പറയുന്നത് എന്താണ് അത് അനുഭവം തന്നെ അനുഭവത്തിന്റെ പൂർണതയിൽ എങ്ങനെയാണ് കൃതകൃത്യത അനുഭവപ്പെടുക അറിയേണ്ടതെല്ലാം അറിഞ്ഞുകഴിഞ്ഞു ജിജ്ഞാസുക്ക് ശമനം വരിക ഇനി ഇതിൽ അറിയാനൊന്നുമില്ല കൃതകൃത്യത ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു ഇനി ഇതിൽ ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല എന്ന തരത്തിൽ ആത്മവിഷയത്തിലുള്ള നിശ്ചിന്തത ഇനി ശ്രവിക്കാനും മനനം ചെയ്യാനുമില്ല ഇനി ബോധിക്കാനും ബോധിപ്പിക്കാനുമില്ല എന്നുള്ള പ്രത്യേക കൃത്യത ഒരുവനിൽ പ്രകാശിക്കുകയാണെങ്കിൽ അപ്പോ ആ സംശയങ്ങളെ അവിടെ പരിഹരിക്കും ആ ഒരു നില ഒരുമിൽ വരുമ്പോ അതിനെയാണ് ഇവിടെ പരമാർത്ഥത എന്ന് പറയുന്നത് അവിടെ ഈ തത്വം പൂർണമായി പ്രകാശിക്കുന്നു അവിടെ മുക്തനില്ല മുമ്പിക്ഷുമില്ല ബദ്ധനുമില്ല സാധകനുമില്ല ആ കൃതകൃത്യത്തെയാണ് നിർവൃതി എന്ന് പറയുന്നത് നിർവൃതി എന്ന് പറയുമ്പോൾ മറ്റൊന്നും ചെയ്യാനും മറ്റൊന്നും അറിയാനും ഇല്ലാത്ത അവസ്ഥ മറ്റൊന്നും ആഗ്രഹിക്കാനുമില്ലാത്ത അവസ്ഥ എന്തിനെ സംബന്ധിച്ച് ആത്മവസ്തുവിനെ സംബന്ധിച്ച് പരമാർത്ഥത്തെ സംബന്ധിച്ച് പരമാർത്ഥത്തെ സംബന്ധിച്ച് ഇനിയൊന്നും ബോധിക്കാനില്ലാത്ത അവസ്ഥ അതിനെ സംബന്ധിച്ച് മറ്റൊരു ജിജ്ഞാസ ഉണ്ടാകാതിരിക്കുന്ന അവസ്ഥ അതാണ് നിർവൃത്തി എന്ന് പറയുന്നത് നിർവ്വാണം എന്ന് പറയുന്നു അത് ഭാഷകാരിലൂടെ പറയുന്നു വിദ്യുത് അനുഭവസിദ്ധം പല ഭാഗങ്ങളുണ്ട് വിദ്യുതനുഭവസിദ്ധമായ കാര്യമാണ് പ്രതാകൃത്യന്മാരായ ഒട്ടനവധി ഗുരുക്കന്മാരെ കുറിച്ച് പറയും ഗൂഢ ഭാഷകാലം പറയും സ്വരൂപസ്ഥിതി എന്ന് പറയും നിശ്രേയസം എന്ന് പറയും അതിനു പരമാർത്ഥത എന്ന് പറയുന്നു ആ പരമാർത്ഥതയെ ധ്യാനിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഉപദേശം എന്താണ് ഭൂമിക്ഷല്ല മുക്തനല്ല സാധകനല്ല എന്നുള്ള ഉപദേശങ്ങൾ വേണ്ടിയിട്ടാണ് ആ കൃതകൃത്യത അനുഭവപ്പെടുന്ന ഒരാളെ സംബന്ധിച്ച് മാത്രമേ ഇത് സത്യമായിത്തീരുന്നുള്ളൂ അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സാധനയെന്നുള്ള നിലയ്ക്ക് മന്നനത്തിന് സഹായിയായി വരുന്ന ഒരു ഉപദേശം മാത്രമാണ് അതിന് വാച്യാർത്ഥത്തിൽ എടുക്കാൻ പാടില്ല എന്ന് ചുരുക്കം നമ്മൾ ഉപദേശങ്ങളെ വാച്യാർത്ഥത്തെ ഗ്രഹിക്കുന്ന തുണങ്ക ഇവിടെ വാക്യാർത്ഥത്തെ സ്വീകരിക്കാൻ വയ്യ വാച്യാർത്ഥത്തെ സ്വീകരിക്കുകഴിഞ്ഞാൽ എന്താ ദോഷം വരുന്നത് ബദ്ധനായിരിക്കുന്ന താൻ ബദ്ധനല്ല സാധകനായിരിക്കുന്ന താൻ സാധകനല്ല മുമുക്ഷുവായിരിക്കുന്ന താൻ മുമുക്ഷുവല്ല എന്ന് വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവന്റെ എല്ലാ സാധനകളും അവസാനിക്കും മുമുക്ഷത്വം അവസാനിക്കും മുക്തി എന്ന് പറയുന്ന അവനെ സംബന്ധിച്ച് അപ്രാപ്യമായി തീരും വാച്യാർത്ഥത്തെടുക്കാൻ പോറില്ല അതുകൊണ്ടാണ് അവിടെ ലക്ഷ്യത്തെ ചൂണ്ടിക്കാണിക്കുന്നത് വാച്യത്തെയല്ല ആ പരമാർത്ഥത ആ ലക്ഷ്യത്തിൽ മനസ്സിനെ ഉറപ്പിക്കാൻ വേണ്ടി പറയുകയാണ് വാക്യാർത്ഥത്തെ സ്വീകരിച്ചുകൊണ്ട് തന്റെ ഇന്നത്തെ അവസ്ഥകൾ നിരാകരിക്കാൻ വേണ്ടിയല്ല അത് വ്യക്തമായി ധരിച്ചില്ലെങ്കിൽ ഇവിടെ ആശയക്കുഴപ്പം ഒരാൾ കൃതകൃത്യത എന്ന് പറയുന്നത് നിർവൃതി എന്ന് പറയുന്നത് ഒരാളിൽ സ്വതസിദ്ധമാകാതെ അനുഭവവേദ്യമാകാതെ അനുഭവസിദ്ധമാകാതെ ഒരാൾ ഭാവന ചെയ്താലോ ശ്രവണം കൊണ്ട് തത്വത്തെ ഗ്രഹിച്ചിട്ട് അയാൾ ഭാവന ചെയ്യുകയാണ് താൻ കൃതകൃത്യനാണ് അത് ഫലവത്താകുമോ ഭാവന ചെയ്തു നോക്കുക കാരണം ഭാവന എന്ന് പറയുന്ന മനോവൃത്തിയാണ് അതൊരു ക്ഷണം നീക്കും അടുത്ത ക്ഷണവും അത് ഭാവനയല്ല ഭാവന എന്ന് പറയുന്നത് കേവലയാണ് ഒരുവനും സത്യസന്ധമായി ആത്മാർത്ഥമായി ഭാവന ചെയ്യാൻ എന്താണ് താൻ കൃതകൃത്യനാണ് അങ്ങനെ ഭാവന ചെയ്യാം അത് കേവല മാത്രമേ ആക താൻ ആത്മാവാണെന്ന് ഒരുവനു ഭാവന ചെയ്യാം താൻ സാധകൻ അല്ല മോക്ഷമല്ല മുക്തനല്ല ഇതൊക്കെ ഭാവനാരൂപത്തിൽ വരാം ഭാവന എന്ന് പറയുന്നത് ക്ഷണിക കൃത്യാണ് അടുത്ത ക്ഷണത്തിൽ അത് നശിക്കും അതിന് വിസ്മരണം സംഭവിക്കും വീണ്ടും ആ ഭാവനയെ ഉത്പാദിപ്പിക്കേണ്ടി വരും അതെല്ലാം കേവലം സാധനാ തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ അതല്ല പറയുന്നു പരമാർത്ഥത എന്ന് പറയുന്നതോ അത് മനോവൃത്തിയല്ല ഭാവനാരൂപത്തിൽ അന്ധകരണത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒന്നല്ല ഉണ്ടാകുന്നതും നശിക്കുന്നതുമല്ല അതിനെക്കുറിച്ച് സ്വരൂപസ്ഥിതി എന്നേ പറയാൻ പറ്റും അനുഭവം എന്ന് പറഞ്ഞാലും എന്താണ് നമ്മുടെ ഭാവനയിലുള്ള മനോവൃത്തികൾ എന്ന് നമ്മൾ ധരിച്ചു പോയതുകൊണ്ട് അതിനെ അനുഭവാതീതം എന്ന് പറയും ആ പരമാർത്ഥതയെ ഭാവന ചെയ്തുകൊണ്ട് ഭാവന ചെയ്യുന്നത് തന്നെ ഒരു സാധനയാണ് ആ പരമാർത്ഥയെ ബുദ്ധി കൊണ്ട് ബോധിക്കുന്നത് തന്നെ ഒരു സാധനയാണ് അതിനുവേണ്ടിട്ടാണ് നിർദ്ദേശിക്കുന്നത് അല്ലാതെ നമ്മുടെ ഈ വ്യവഹാരികമായ ജാഗ്രത അനുഭവങ്ങളെ ഈ നിലയിൽ നിഷേധിക്കാൻ വേണ്ടി നിഷേധിച്ചിട്ട് സാധനങ്ങൾ ഉപേക്ഷിക്കാൻ വേണ്ടിയല്ല പറയുന്നത് മോക്ഷത്വത്തെ ഉപേക്ഷിക്കാൻ വേണ്ടിയല്ല പറയുന്നത് നമ്മ മൂഷു എന്ന് പറഞ്ഞു അതുകൊണ്ടിരിക്കും ഞാൻ മോഷുമായിരിക്കുന്നില്ല എന്ന് ധരിക്കാൻ വേണ്ടിയല്ല എന്നാൽ സാധകൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇനി സാധന ആകുന്നില്ല എന്ന് വിധയായി ധരിക്കാൻ വേണ്ടിയിട്ടില്ല അങ്ങനെ ഒരാൾ ധരിച്ചാലോ ഒരാളിതിന്റെ വശ്യാർത്ഥത്താഗ്രഹിച്ചു അതിനെ മുഖ്യമായി സ്വീകരിച്ചു എന്നിട്ട് അയാൾ പറയുകയാണ് ഞാൻ സാധുകനല്ല താൻ മോക്ഷമല്ല എന്ന് പറഞ്ഞാൽ അത് കേവലം ഭ്രാന്തിയായിട്ടു എന്തുകൊണ്ട് താൻ സാധകനായും മോഷമായി ഇരുന്നുകൊണ്ട് ഒരാൾ പറയുകയാണ് താൻ സാധകനല്ല മോഷമല്ല ഭ്രമമാണ് ആ ഭ്രമം ഉണ്ടാവുകയും നശിക്കുകയും ചെയ്യും ആ ഭ്രമത്തിൽ പോലും ഒരാൾക്ക് സ്ഥായിയായി നിൽക്കാൻ കഴിയത്തില്ല പരമാർത്ഥം ഇതിനെന്നെ ഉപരിയാണ് ഇതിനെന്നെ അതീതമാണ് അവിടെ ഉള്ള കൃതകൃത്യതയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് മന്മൂക്ഷായിരിക്കുമ്പോ സാധുതനായിരിക്കുമ്പോൾ താൻ പലതും ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനിയും തനിക്ക് പലതും ചെയ്യാനുണ്ട് പലതും തനിക്ക് നിറവേറ്റാനുണ്ട് എന്നാലേ തനിക്ക് കൃത്യത അനുഭവപ്പെടൂ എന്ന് താൻ കരുതുന്നു അങ്ങനെ കരുതിക്കൊണ്ട് പ്രവർത്തിക്കുന്നു പരമാർത്ഥതയിലോ അങ്ങനെ ഒന്നും കരുതുന്നില്ല എനിക്ക് എന്തെങ്കിലും ഇനിയൊന്നും നേടാനുണ്ടെന്ന് കരുതുന്നുണ്ട് ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു അറിയേണ്ടതെല്ലാം അറിഞ്ഞുകഴിഞ്ഞു സംശയവും ഭ്രമവും അവിടെ അവസാനിച്ചു അതാണ് പരമാർത്ഥ അതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് മോക്ഷാർത്ഥി മുക്ത വിമുക്ത ബന്ധ ഉത്പത്തിപ്രളയഭാവ ബന്സന്ധി ഈഷ പരമാർത്ഥത ഉത്പത്തിപ്രളയങ്ങളില്ല അതിനിടയ്ക്ക് വരുന്ന ബന്ധമോക്ഷങ്ങളില്ല സാധകനല്ല ഇതെല്ലാം പരമാർത്ഥമാണോ പാരമാർത്ഥിക നിലയെക്കുറിച്ച് പറയുന്നത് അപ്പൊ ഈ കരികയിൽ ഏറ്റവും പ്രാധാന്യം വരുന്നത് പരമാർത്ഥത എന്നുള്ളതിനാണ് ഇത് വ്യാവഹാരികമല്ല ഭാവനയല്ല കൽപ്പനകളല്ല വരും കേവലമായൊരു അറിവല്ല നമ്മുടെ ചിത്തവൃത്തികളല്ല ആത്മസ്വരൂപത്തിലാണിത് പരമാർത്ഥികമായ സത്യം ഇതാണ് സത്യത്തിന്റെ സ്വരൂപം ഇങ്ങനെയാണോ സത്യത്തെ ഇങ്ങനെ വർണ്ണിക്കാൻ പറ്റൂ എന്ന് ബോധിപ്പിക്കുകയാണ് ആ സത്യമാണ് നീ എന്നാണ് ഇവിടെ ബോധിപ്പിക്കുന്നത് പഥം ഉത്പത്തിളിയൊരഭാവത്വ ഇതെങ്ങനെ പറയാൻ കഴിയും ഇതൊന്നും ഇല്ല അങ്ങനെ പറയാൻ കഴിയുന്നില്ലല്ലോ കാരണം തന്റെ അനുഭവം ഇതെല്ലാം ഉള്ളതായിട്ടാണ് തന്റെ ബദ്ധനായിട്ടും വമക്ഷുവായിട്ടും സാധകനുമായിട്ടാണ് താൻ അറിയുന്നത് പിന്നെ ഇതൊന്നും ഇല്ലായെന്ന് നിഷേധിക്കുന്ന എങ്ങനെ പറയുന്നു ദ്വൈതശ്യാസത്വം ആ പരമാർത്ഥത്തിൽ പരമാർത്ഥ തത്വത്തിൽ ആത്മസ്വരൂപത്തിൽ നിന്റെ വാസ്തവസ്ഥിതിയിൽ അവിടെ ഈ ദൈതങ്ങളൊന്നുമില്ല ഈ അനുഭവവേളയിലില്ല ഇവിടെ ദുവിതമുണ്ട് സുഷൃതി പോലെ സുഷൃതി ഒരു അനുഭവമാണ് പക്ഷെ അവിടെ ദ്വൈതമില്ല അതുപോലെ ആത്മസ്വരൂപത്തിൽ ഈ കാണുന്ന ദുരിതങ്ങളൊന്നുമില്ല ഇതാണ് ദ്വൈതമെന്ന് പറയുന്നത് ബന്ധമോക്ഷങ്ങളാണ് ദ്വൈതം ഈ ബന്ധമോക്ഷങ്ങൾ നിന്റെ വാസ്തവ സ്വരൂപത്തിൽ നിന്റെ വാസ്തവ സ്വരൂപം എന്ന് നിന്റെ ശരീരത്തിനും മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും പ്രാണനും നിന്റെ ചിന്തകൾക്കുമെല്ലാം അതീതമായ നിന്റെ ബോധസ്വരൂപം അങ്ങനെ മനസ്സിലാക്കാറില്ലെങ്കിൽ നിന്റെ ചിന്തയും പ്രാണനും ഇന്ദ്രിയങ്ങളും ശരീരവും ഈ വികാര ഏതൊരു സത്തയിലാണോ സ്ഫുരിക്കുന്നത് ഏതൊരു ബോധത്തിലാണോ ഇതെല്ലാം പ്രകാശിക്കുന്നത് ആ പരമാർത്ഥബോധത്തിൽ ജ്ഞാനസ്വരൂപത്തിൽ അവിടെ ദ്വൈതസ്യാസത്വ അത് അവിടെ ഈ ദ്വൈതമില്ല അതുകൊണ്ട് ആ ലക്ഷ്യത്തിന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പറയുന്നത് അവിടെ ഇതില്ല എന്ന് അത് വ്യക്തമായി ധരിക്കണം ഇത് തന്നെ ശ്രുതിയും പറയുന്നു ആചാര്യൻ മാത്രമല്ല പറയുന്നത് എത്ര ഹിദ്വൈതമോ ആ ശ്രുതിയെ ആവർത്തിച്ചാവർത്തി പറയുന്നത് പലതവണ പറഞ്ഞ ശ്രുതികളാണ് സത്യത്തെ ശ്രുതിയിൽ നിന്ന് തന്നെ ബോധിക്കണം അതിനുവേണ്ടി പറയുന്നതാണ് ശ്രുതി പ്രമാണമായി പറയുന്നതിന്റെ താൽപര്യ അതാണ് തന്റെ വചനമായിതിനെ ബോധിക്കരുത് ശ്രുതിയായിട്ട് എന്നെ ബോധിക്കും സത്യദർശികളുടെ വചനമായിട്ട് എന്നെ ബോധിക്കണം പൂർവാചാര്യന്മാരുടെ അഭിപ്രായമായിട്ട് തന്നെ ഇതിനെ ബോധിക്കണം അതിനുവേണ്ടി ശ്രുതിയെ പറയുന്നു ഇതം സർവമേതായ ആത്മാ ഇത്യാദി നാനാശ്രുതിഭ്യോ ദൈത അസത്വം സിദ്ധം ഈ നാനാശൃതികളും ആ പാരമാർകമായ നിലയിൽ ഈ കാണുന്ന ദ്വൈതത്തിന് നിലനിൽപ്പില്ല എന്ന് ബോധിക്കുകയാണ് സദോഹി ഉത്പത്തിളയസീഷണാദേഹി ഉത്പത്തി പ്രളയങ്ങളൊക്കെ ഏതിനാണോ ഉള്ളതിനാണോ നുഭവപ്പെടുന്ന ഒരു വസ്തു അതിനാണ് സത്വം എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു വസ്തുവിനെ സംബന്ധിച്ച് നമുക്ക് ഉണ്ട് എന്ന് അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ അതിനുപത്തി പ്രളയങ്ങളെല്ലാം വരാം ശശഭിഷാണം മുയൽ കൊമ്പ് കൽപ്പന മാത്രമാണ് ഉണ്ട് എന്നതിനെ സംബന്ധിച്ച് അനുഭവമില്ല ഇല്ലാത്ത കൊണ്ട് അതിനെങ്ങനെ ഉത്പത്തി പ്രളയങ്ങളുണ്ടാകും ആ പാരമാർത്ഥിക നിലയിൽ ഈ വ്യവഹാരത്തെ കാണുമ്പോൾ അത് വിശേഷ വിഷാണത്തിന് സമമാണ് ഈ നിലയിൽ നിന്ന് കാണുമ്പോഴല്ല ഈ നിലയിൽ ഉണ്ട് എന്നുള്ള അനുഭവമാണ് അതുകൊണ്ട് തന്നെ ഉത്പത്തിപ്രളയങ്ങളൊക്കെ ഇപ്പോ അംഗീകരിച്ചേ പറ്റൂ അതുകൊണ്ട് ഈ നിലയിൽ നിന്നുകൊണ്ടല്ല സംസാരിക്കും പാരമാർത്ഥികമായ നിലയിൽ ഏതുപോലെ സുഷൃഷ്ടി പോലെ പറഞ്ഞല്ലോ അവിടെ നമുക്ക് ഒന്നിനും എന്ന് പറയാൻ വയ്യ ദുരിതം അവിടെ നിലനിൽക്കുന്നില്ല ഇന്നതുണ്ട് ഇന്നതില്ല എന്നും കാരെയെങ്കിലും ബോധിപ്പിക്കാനോ ഇന്ന് നിഷേധിക്കാനോ സാധ്യമല്ല അതിന് സമാനമായ പാരമാർത്ഥികമായ ആ തത്വത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് പറയുകയാണ് അവിടെ ഇതെല്ലാം ശശി വിഷാണ സമൂഹമാണ് ഇതിനെ സംബന്ധിച്ചുണ്ടില്ല എന്നൊന്നും പറയാൻ കഴിയത്തില്ല അദ്വൈതം ഉത്പദ്ധ്യത ജീയദേവ അതിനാണെങ്കിലോ ഉത്പത്തി ലയങ്ങളില്ല പരമാർത്ഥത്തിന് സത്യത്തിന് നിന്റെ സ്വരൂപത്തിന് ഉത്പത്തി ലയങ്ങളില്ല നിന്റെ ഉത്പത്തിയിൽ നീ എന്തെങ്കിലും നേരിട്ട് കണ്ടിട്ടുണ്ടോ ഇല്ല നമുക്കറിയാൻ വയ്യ നമ്മിൽ പലതും ഉൽപ്പന്നമാകുന്ന നമ്മൾ കാണുന്നുണ്ട് മനസ്സും ബുദ്ധിയും ചിത്തവും ശരീരവും ശരീരത്തിന്റെ ഭാഗങ്ങളെയെല്ലാം ഉത്പന്നമാകുന്നുണ്ട് വളരുന്നുണ്ട് നശിക്കുന്നുണ്ട് പക്ഷേ തന്റെ ഉത്പത്തി ലയത്തെ താൻ ഒരിക്കലും അറിയാറ് തനിക്കൊരിക്കലും അതറിയതറിയുന്നവരാണ് എന്തുകൊണ്ട് തന്റെ സ്വരൂപം പരമാർത്ഥമാണ് അതിന് ഉത്പത്തി ലയങ്ങളില്ല അതുകൊണ്ട് തന്നെ അതിനറിയാനും കഴിയുന്നില്ല തന്റെ ജനന ജനനം മരണം എന്തെല്ലാം കല്പിക്കുന്നത് ഈ ശരീരത്തിന്റെ ജനനത്തെയാണ് അതും കേവലം കൽപ്പന മാത്രം തന്റെ ശരീരത്തിന്റെ ഉത്പത്തി പോലും താൻ കണ്ടിട്ടില്ല തന്റെ ശരീരത്തിന്റെ നാശവും തനിക്ക് കാണാൻ കഴിയുന്നില്ല താൻ തന്റെ സ്വരൂപം അത് ഉത്പന്നമാകുന്നുണ്ട് നശിക്കുന്നുണ്ട് അതുകൊണ്ടാണ് തന്റെ ഉത്പത്തിയായിട്ട് തന്റെ നാശമായിട്ട് ഒന്നും കാണാൻ കഴിയാത്ത ജനിച്ചാലും മരിച്ചാലും അത് കാണാൻ കഴിയുന്നു എന്റെ ജനനത്തെയോ എന്റെ മരണത്തെയോ അറിയുന്ന ആരുമില്ല എന്തുകൊണ്ട് താൻ ആ ജനന മരണങ്ങൾക്ക് അതീതനായതുകൊണ്ട് തന്നെ അദ്വൈത ഉത്പത്തിയതേ നീയതേവാ അദ്വൈതത്തിന് ഉത്പത്തി നാശങ്ങളില്ല അത് പരമാർത്ഥമാണ് അദ്വയം ഉത്പത്തിപ്രളയച്ചേരി വിപ്രതിഷിദ്ധം ഒരു വസ്തുവിനെ നിങ്ങൾ ഏകമായി അദ്വൈതമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഉത്പത്തിപ്രളയങ്ങളെ കുറിച്ച് പറയുക അത് വിരുദ്ധമായ കാര്യമാണ് ഈ കാണുന്ന താൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഉത്പത്തിപ്രളയങ്ങളോ ഈ ലോകത്തിന്റെ ഉത്പത്തി പ്രളയങ്ങൾ അതും പരമാർത്ഥദർശിയെ സംബന്ധിച്ചിടത്തോളം തന്നയമല്ല തന്നമായി ഉത്പത്തിപ്രളയങ്ങളൊന്നും സംഭവിക്കുന്നില്ല ഉത്പത്തിപ്രളയങ്ങൾ തന്നെ സംഭവിക്കുന്നില്ല യസ്തു പുനർ ദ്വൈതസം്യവഹാര സരജ്ജു സവത്മനി പ്രാണാതിരക്ഷ കൽപ്പിതം മറിച്ച് നമ്മുടെ ഈ ദ്വൈതസംയവഹാരം ഈ അനുഭവങ്ങൾ ശരീരത്തിന്റെ നാശത്തെ നമ്മൾ അറിയുന്നു പ്രദക്ഷിണം നശിച്ചുകൊണ്ടിരിക്കുന്നു ഈ ശരീരത്തിൽ നടക്കുന്ന പ്രാണപ്രവൃത്തികൾ അതിന്റെ വൃദ്ധിക്ഷയങ്ങൾ ഇതെല്ലാം നമുക്ക് അനുഭവം ഇതിൽ ആത്യന്തികമായ എന്താണ് ഇത് ആരോപിതമായി തന്നെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഉത്പത്തിസ്ഥിതി ലയങ്ങളില്ലാത്ത തിരിയനൽ ജാഗ്രസ്വപ്ന സുഷുതികളെല്ലാം ഈ അവസ്ഥകളെല്ലാം അനുസ്യൂതമായിരിക്കുന്ന മാറാതിരിക്കുന്ന തന്റെ സ്വത്തയും തന്റെ ഉണ്മയും തന്റെ ബോധസ്വരൂപത്തിലുള്ള കൽപ്പനകളാണ് അതിനുണ്ടായും മറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് മനോവികൽപ്പനായ രജു സർപ്പാദിരക്ഷണായ രജുവാംബല ഉത്പത്രുവ ഭ്രാന്തികൾ നമുക്ക് അനുഭവപ്പെടുന്നത് രജു സർപ്പാദികൾ ഭ്രാന്തി ആയതുകൊണ്ട് തന്നെ അത് രജുവിൽ നിന്നും ഉണ്ടായില്ല രജുവിൽ വിനയിച്ചതുമില്ല അവിടെ ഉണ്ടായി അവിടെ വിനയിച്ചു എന്നുള്ള നമുക്ക് വേണമെങ്കിൽ പറയും അത് കൽപ്പന മാത്രമാണ് മനസ്സിന്റെ കൽപ്പനയാണ് ബാഹ്യമായി കാണുന്ന അതിന്റെ അധിഷ്ഠാനവുമായി അതിന് യാതൊരു ബന്ധമില്ല മനസ്സ് തന്നിലാണ് പ്രവർത്തിക്കുന്നത് പുറമേയല്ല കയറി കാണുന്നത് പുറമെയാണ് അപ്പൊ തന്നിൽ പ്രവർത്തിക്കുന്ന ഈ മനസ്സിന്റെ വികല്പങ്ങൾക്ക് പുറമെ കാണുന്ന ആ വസ്തുവുമായിട്ട് യാതൊരു ബന്ധവുമില്ല അവിടെ കണ്ടതിന് അവിടെ ജനനമോ മരണമോ സംഭവിച്ചിട്ടില്ല കേവലം മനോവികൽപ്പനയാണ് എന്നൊക്കെ മനസ്സിൽ രചി സർപ്പസിൽപത്തിളയോവാ ഈ മനസ്സിൽ അങ്ങനെ ഒരു സർപ്പം ഉണ്ടാകുകയോ നശിക്കുകയോ ചെയ്യുന്നില്ല ബാഹ്യമായി കാണുന്ന സ്ഥൂലമായ നിശ്ചിതമായ പരിണാമമുള്ള ഒരു സർപ്പത്തിനും മനസ്സിലുണ്ടാകാൻ പറ്റത്തില്ല അത് ഉള്ളിലാണ് അവിടെയും അത് സംഭവിച്ചിട്ടില്ല പുറമേ സംഭവിച്ചിട്ടില്ല നജ ഉഭയതോ രണ്ട് സ്ഥലത്തുമായിട്ട് സംഭവിച്ചിട്ടില്ല കുറച്ച് പുറമേയും കുറെ ഉള്ളിലുമായിട്ട് എന്തെങ്കിലും സംഭവിച്ചോ അത് സംഭവിച്ചിട്ടില്ല ചെറുപ്പം കുറെ ഉള്ളിലായിരുന്നു കുറെ പുറമേ ആയിരുന്നു അതും പറയാൻ വൃത്തിയില്ല ഒരു ഭ്രാന്തിയും നമ്മൾ കാണുന്ന രൂപത്തിൽ മനസ്സിനുമില്ല പുറമേയുമില്ല കാണുന്ന രൂപത്തിൽ എന്ന് പറഞ്ഞാൽ ആ വസ്തുവായിട്ട് സർപ്പം ഒരു വസ്തുവായിട്ടും മനസ്സിലില്ല മനസ്സിലൊരു ഭാനം മാത്രം ഒരു പ്രതീതി മാത്രം സർപ്പം എന്ന് പറഞ്ഞാൽ അതിന് നിശ്ചിതമായ ആകൃതിയുണ്ട് നിശ്ചിതമായ പരിണാമമുണ്ട് നിശ്ചിതമായ സ്വഭാവവിശേഷങ്ങളുണ്ട് നിശ്ചിതമായ ഗുണങ്ങളുണ്ട് ആ ഗുണങ്ങളോടും ആ വിശേഷതകളോടും കൂടി അങ്ങനെ ഒരു സാധനം മനസ്സിലില്ല പുറമെയാണെങ്കിലോ ഇല്ല എന്നുള്ളത് ഉറപ്പുമാണ് പിന്നെ ഇതൊരു ഭാനം ഒരു പ്രതീതി അർത്ഥശൂന്യമായ ഒരു അനുഭവം അതുകൊണ്ട് തന്നെ കൽപ്പന എന്ന് പറയുന്നു മനോകൽപ്പന അതുപോലെ ഈ പ്രപഞ്ച ആകമാനം ആ തുര്യന്റെ ഭാനം മാത്രമാണ് ഏകനായിരിക്കുന്ന ആ തുരീയൻ അനേകനായി ഭാസിക്കുന്നതാണ് മറ്റുള്ളതെല്ലാം അതിൽ പരിണാമങ്ങൾ ഗുണവിശേഷങ്ങൾ സ്വഭാവിശേഷങ്ങൾ ഇതെല്ലാം എങ്ങനെയാണോ സർപ്പത്തിൽ കൽപ്പിച്ചത് അതുപോലെ സർപ്പകൽപ്പനയെ പോലെയുള്ള തിരിയൻ്റെ കൽപ്പനകൾ മാത്രമാണ് അതിനപ്പുറമായി എന്തുകൊണ്ടെന്ന് നമ്മൾ ധരിക്കുന്നു എന്താണ് നമ്മൾ ധരിക്കുന്നത് അതിനൊരു വസ്തുസ്ഥിതി മറ്റെന്തോ വിശേഷതകളുണ്ടെന്ന് ജീവൻ ധരിക്കുകയാണ് അങ്ങനെ ഒന്നവിടെയില്ല ഒന്നും പറഞ്ഞു എന്താണത് തുര്യനിൽ നിന്നും അന്യമായിട്ട് അങ്ങനെ വന്നില്ല അവിടെ എന്തെങ്കിലും അങ്ങനെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഉണ്മയോ ബോധമോ എല്ലാം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതെല്ലാം ആ തുര്യന്റെ തന്നെയാണ് തുര്യന്റെ ിലാസമാണ് അതിന് എന്ന് വച്ച ഉഭയതുക തഥാ മാനസത്വ അവിശേഷ ദ്വൈതസ്യ എന്ന് പറയുന്നത് കേവലം പ്രപഞ്ചം അനുഭവപ്പെടുന്നത് മനസ്സിലൂടെയാണ് മനസ്സ് തുരിയന്റെ സ്പന്ദനവും സ്ഥൂലമായി കഠിനമായി എല്ലാം അനുഭവപ്പെടുന്നത് ഉള്ളിലിരിക്കുന്ന ചഞ്ചലമായും മനസ്സാകുന്നത് എങ്ങനെ എന്ന് ചിന്തിക്കും മനസ്സെന്ന് പറയും നമുക്കറിയാം മനസ്സിലെ ഭാവനകളൊന്നും മൂർത്തരൂപത്തെ പ്രാപിക്കാറില്ല മനസ്സിൽ സർപ്പത്തെ ഭാവന ചെയ്താൽ ബാഹ്യമായ സർപ്പമാകാറില്ല പക്ഷെ മനസിന്റെ ഭാവനയും പുറമേ കാണുന്ന സർപ്പവും തമ്മിന് വ്യത്യാസവും ഇത് സർപ്പം പോലെ എന്നിങ്ങനെ പറയാൻ പറ്റും ആ തുരിയന്റെ സ്പന്ദനം മനസ്സ്പന്ദനം എന്ന് പറയുമ്പോൾ ആ സ്പന്ദനത്തിന്റെ സവിശേഷത കാണാം അത് അകവും പുറവും സ്ഥൂലവും സൂക്ഷ്മവും കാഠിന്യവും മൃദുത്വവും വിഭിന്ന പരിണാമങ്ങൾ അണു മഹത്ത് ഹ്രസ്വം ദീർഘം ഇതെല്ലാം ചിത്തസ്പന്ദനത്തിന്റെ സവിശേഷത തുരിയന്റെ ചിത്തസ്പന്ദനത്തിൽ അതിന്നത് ആയിരിക്കണമെന്നില്ല അത് മൃദുവായിരിക്കണമെന്നോ കഠിനമായിരിക്കണമെന്നോ നിയമമില്ല എന്തുവാകാം അത് ഉള്ളിലായിരിക്കണമെന്നോ പുറമേ ആയിരിക്കണമെന്നോ ഇല്ല തുരിയന്റെ സ്പന്ദനത്തിൽ ഉള്ളും പുറവും സൃഷ്ടിക്കുന്നു സ്ഥൂരവും സൂക്ഷ്മവും സൃഷ്ടിക്കുന്നു അണുവിനെയും മഹത്തിനെയും സൃഷ്ടിക്കുന്നു അതുകൊണ്ട് ഇതിന് ആകമാനം എടുത്തുകൊണ്ടാ പറയും കേവലമായ ഈ ജീവന്റെ മനസ്സ്പന്ദനത്തെ എടുത്തുകൊണ്ടല്ല പറയും അത് വെച്ച് അതിനെയാണ് സ്വീകരിക്കുന്നതെങ്കിലിവിടെ നമുക്ക് യുക്തിക്ക് നിരക്കാതെ ആ പിരിയന്റെ ചിത്തസ്പന്ദനത്തിൽ ഒരു ജീവന്റെ സ്പന്ദനമുണ്ടായി ആ ജീവന് മനസ്സുണ്ടായി ആ ജീവന്റെ മനസ്സിൽ അകവും വന്നു പുറമേയുള്ള പ്രപഞ്ചം വന്നു ആരോഗ്യമേള പ്രപഞ്ചം വന്നു ഇതാകമാനം എന്താണ് ആ തുര്യന്റെ സ്പന്ദനമാണ് ചിത്തസ്പന്ദനമെന്നോ മായാപ്രകടനമെന്നോ എന്ത് വേണോ പറയാം അതിൽ ആ തുര്യനിൽ നിന്നും മാന്യമായൊരു പരമാർത്ഥതയില്ലാത പറയുന്നു തുര്യന്റെ തന്നെ മനസ്സ്പന്ദനമായതുകൊണ്ട് അതിൽ കാണുന്ന പരമാർത്ഥത ആ തുര്യന്റേത് തന്നെയാണ് അതിൽ സത്യത്വം എന്ന് പറയുന്നത് ആ തുര്യന്റേത് തന്നെയാണ് അതിൽ ജീവഭാവത്തിൽ തുടങ്ങി ഉള്ളും പുറവും വന്നു സ്ഥൂലവും സൂക്ഷ്മവും ബാഹ്യവും ആഭ്യന്തരവും എല്ലാം വന്നുകഴിഞ്ഞപ്പോൾ ആ ജീവനെ സംസാരിക്കുന്നു അവനിൽ നിന്ന് ആ സംസാരഭാവം ജീവഭാവം നിവർത്തിച്ചാൽ ആ തുര്യഭാവത്തിൽ സ്ഥിതനായി കഴിഞ്ഞാൽ ഇതെല്ലാം അവനെ ബന്ധിക്കുന്ന തരത്തിലുള്ള ഈ ദ്വൈത അനുഭവം അവിടെയില്ല അതുകൊണ്ട് മാനസത്വ അവിശേഷ ദ്വൈത സ്യാണ് അതുകൊണ്ട് ഈ ദ്വൈതം അതെന്തായാലും ശരി രജ്ജുവിലെ സർപ്പമായാലും ശരി പുറമേ കാണുന്ന സർപ്പമായാലും ശരി രജ്ജുവായാലും ശരി അകമേയുള്ള മനോരഥങ്ങൾ സങ്കല്പങ്ങളായാലും ബാഹ്യമായി കാണുന്ന വസ്തുക്കളായാലും ശരി ഇതെല്ലാം മാനസമാണ് ഏകനായിരിക്കുന്ന ആ തുരിയന്റെ സ്പന്ദനങ്ങളാണ് അല്ലെങ്കിൽ ആ ഏകനായിരിക്കുന്ന അന്തരിയാമിയുടെ മായാശക്തിയുടെ പ്രകടനങ്ങളാണ് ഒന്ന് വലുതായി കാണുന്നതാണ് ഒരു തത്വം നാനാരൂപത്തിൽ ഭാസിക്കുന്നതാണ് ആ അതിന് തന്നെയാണ് നമ്മൾ സഗുണമെന്നും നിർഗുണമെന്നും എല്ലാം പറയുന്നു സാകാരനെന്നും നിരാകാരനെന്നും എല്ലാം പറയുന്നത് ഒരു തത്വത്തെ തന്നെയാണ് ആ തരത്തിലാണ് പറയുന്നത് മാനസത്വ വിശേഷം ഇത് മാനസം തന്നെയാണ് മറിച്ച് ധരിക്കരുത് അല്ല എന്റെ മനസ്സാണ് അങ്ങനെ ധരിക്കരുത് എന്റെ മനസ്സും എന്താണ് ഈ കല്പനയിൽ അന്തർഭവിച്ചു പോയി കൽപ്പനയുടെ ഒരു ഭാഗമായി മനസ്സിൽ സുഷുക്തേവേദം ഗൃഹിയതും നിയത മനസ്സ് സമാധിഷ്ഠമായ മനസ്സ് മനസ്സിനെ നിഗ്രഹിച്ച് സമാധി എന്ന് പറയുന്ന അവസ്ഥയെ പ്രാപിക്കുക അവിടെ ദ്വൈതാനുഭവമില്ല അല്ല സർവ്വസാധാരണമായി വരുന്ന സുഷു സുഷുപ്തി മറ്റേ പരിശ്രമം ആവശ്യമുണ്ട് ഒരു പരിശ്രമവും ആവശ്യമില്ലാതെ സഹജമായി വരുന്ന സുഷുതി അവിടെ ആരാ ദ്വൈതത്തെ ഗ്രഹിക്കുന്നത് ദുരിതഗ്രഹണം അവിടെയില്ല ദ്വൈതത്തെ ഗ്രഹിക്കുന്നതുകൊണ്ടാണ് നമ്മൾക്കത് പരമാർത്ഥം എന്ന് അനുഭവപ്പെടുന്നത് അങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ദ്വൈതഗ്രഹണത്തിൽ പരമാർത്ഥബോധം ആദ്യം ദുരിതത്തെ ഗ്രഹിക്കുന്നു അതോടൊപ്പം വരുന്ന ഇത് സത്യമാണ് എന്നുള്ള ബോധം ഇപ്പൊ സത്യബോധം ഈ ദുരിതത്തിൽ വരണമെങ്കിൽ എന്ത് വേണം ദുവിതഗ്രഹണം സംഭവിക്കും അപ്പൊ നമ്മൾ വാദിക്കും ഇത് സത്യമാണോ അതോ കല്പനയാണോ ചെലവറയുന്നത് സത്യമാണ് ചെലവറയാനുള്ള ഇത് കല്പനയാണ് രണ്ടിനും പ്രമാണങ്ങളുണ്ട് യുക്തിയുണ്ട് ഇവിടെ പറയുന്നു ദ്വൈതത്തെ ഗ്രഹിക്കാതിരുന്നാലോ ദുരിതത്തെ ഗ്രഹിക്കാതിരുന്നു കഴിഞ്ഞാൽ അവിടെ എങ്ങനെ സത്യബോധം വരും അതിവിടെ ഗ്രഹിക്കാതിരിക്കും സുഷൃത്തിയിലും ദുരിതത്തെ ഗ്രഹിക്കുന്നില്ല അവിടെ ആർക്കും വാദമുണ്ട് അവിടെ സത്യബോധം സത്യമാണോ മിഥ്യയാണോ എന്നുള്ള തർക്കം അവിടെയുണ്ട് അതുകൊണ്ട് ദ്വൈതഗ്രഹണ എവിടെയില്ലയോ അവിടെ അദ്വൈതം സ്പഷ്ടമാണ് സുഷുതി സമാധി മൂർച്ച ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ അവിടെ അദ്വൈതം സ്പഷ്ടമാണ് കാരണം അവിടെ ഈ വിവാദമില്ല സത്യമാണോ അസത്യമാണോ എന്നുള്ള ചർച്ചയില്ല അവിടെ ശേഷിക്കുന്നെന്തോ അത് തന്നെ അദ്വൈതം മനസ്സടങ്ങിയാൽ ശേഷിക്കുന്നതോ അതാണ് അത്യം അവിടെ മനസ്സടങ്ങിയിരിക്കുന്നത് ഈ പറയുന്ന അവസ്ഥകളെല്ലാം അതൊരു ദൃഷ്ടാന്തമായി പറയുകയാണ് അതുപോലെയാണ് അദ്വൈതത്തെ ഇവിടെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്നാണ് അതോ മനോവികൽപന മാത്രം അദ്വൈതമേത് സിദ്ധം അതുകൊണ്ടെന്താണോ അത് മനോവികല്പനമാണ് മനസ്സിന്റെ ആരോപണമാണ് ണത് അതാണ് ദ്വൈതം തസ്മാസൂക്തം ദ്വൈത അസത്വ നിരോധാദ്യ ഭാവ് പരമാർത്ഥത അതുകൊണ്ടിവിടെ പറഞ്ഞത് സ്പഷ്ടമാണ് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു എന്നാണ് അത് കേട്ടിട്ടും നമുക്ക് വ്യക്തമാകുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം വ്യക്തമായി പറഞ്ഞിട്ടില്ല എന്നുള്ളതല്ല നമ്മൾ വ്യക്തമായി കേട്ടിട്ടില്ല എന്നുള്ളതാണ് ഇത് വ്യക്തമായി കേട്ടുകഴിഞ്ഞാൽ ഇത് വ്യക്തമാണ് എന്താണ് വേദസ് അസത്വം ഈ പ്രതീതികളൊന്നും പരമാർത്ഥമല്ല ഈ പ്രതീതികൾ പരമാർത്ഥമല്ല എന്നുള്ളത് ഒരു യുക്തിക്കും ഏതെങ്കിലും ഒരു ശാസ്ത്രത്തിനും ഒന്നും വിരോധമുള്ള കാര്യമാണ് സർടെ അനുഭവം ഇത് പരമാർത്ഥമല്ല സർവരും ഇതിനെയെല്ലാം പരമാർത്ഥമല്ലാതെ തന്നെ ബോധിച്ചുകൊണ്ടിരിക്കുകയാണ് മറിച്ച് നമ്മൾ കൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് സത്യമാകാം സത്യമായിരിക്കാം കൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്തുകൊണ്ട് ആ സത്യം ഈ അനുഭവത്തിലെല്ലാം സ്ഫിരിക്കുന്നതും ആ സത്യത്തെ ഈ അനുഭവങ്ങളിൽ കാണാൻ ശ്രമിക്കുകയാണ് അല്ലാതെ ഒരു ദൃശ്യവും നമ്മൾ ബോധിപ്പിക്കുന്നില്ല ഞാൻ സത്യമാണ് എന്നൊന്നും ബോധിപ്പിക്കുന്നില്ല മനസ്സിന്തിനെ കാണുന്ന എങ്ങനെ അസത്യമായിട്ട് പക്ഷെ ആ ബോധത്തിൽ തന്നെ സ്ഥിരിക്കുന്ന സത്യം ഈ വിഷയങ്ങളോട് ചേർന്ന് പ്രകാശിക്കുമ്പോ ഇത് നമുക്ക് സത്യമായി അനുഭവപ്പെടുന്നു എന്നേ ഉള്ളൂ അതുകൊണ്ട് ദ്വൈതസ്യസത്വ ദ്വൈതം നല്ല സത്യം ശിരിയനാണ് സത്യമായിരിക്കുന്നത് തന്റെ സ്വരൂപമാണ് സത്യമായിരിക്കുന്നത് നിരോധാദി അഭാവ് പരമാർത്ഥത അതുകൊണ്ട് ഉത്പത്തി നിരോധം ഇതിന്റെ എല്ലാം അഭാവം അതാണ് പരമാർത്ഥം അതാണ് പരമാർത്ഥത എന്നാണ് അത് കായികയുടെ താല്പര്യം അവിടെ പറഞ്ഞു എന്താണ് പരമാർത്ഥം എവിടെയാണ് ഇതൊന്നും ഇല്ലാതായിത്തീരുന്നത് അതെല്ലാം പറഞ്ഞു കഴിഞ്ഞു പരമാർത്ഥം സത്യം അദ്വൈതം എന്ന് നാം പറയുന്നതിന് വരുന്ന ചില സംശയങ്ങളെ അടുത്ത് പരിഹരിക്കുകയാണ് ഇത് ദ്വൈതാഭാവേ ശാസ്ത്രവ്യാപാരോദ്വൈതേ വിരോധ ഈ ശാസ്ത്രം നമ്മൾ സാധാരണ പറയുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ഈ ദ്വൈതാനുഭവം ഇതാ സത്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുഭവത്തിൽ ഉൾപ്പെടുന്നതാണല്ലോ നമ്മൾ ഈ കേൾക്കുന്നത് ശ്രവണം ശ്രുതി ഗുരുവിന്റെ ഉപദേശം ഗുരു ഇതെല്ലാം അദ്വൈതപ്പെട്ട് കഴിഞ്ഞു ഇതെല്ലാം ചേർന്നിട്ട് നമ്മളെ ബോധിപ്പിക്കുന്ന എന്താണ് ഈ ദ്വൈതങ്ങൾ ചേർന്ന് അദ്വൈതത്തെ ബോധിപ്പിക്കുന്നു അതങ്ങനെ സാധിക്കും ഇതെല്ലാം സുരീന്റെ ചിത്തസ്പന്ദനമാണെന്നുള്ളത് ആ നിലയ്ക്ക് ഇതെല്ലാം അസത്യമാണെന്നും പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ പറയുന്നതും ഈ കേൾക്കുന്നതും എല്ലാം കൂടി ചേരുന്ന ഈ അസത്യം ഇതെന്ത് ചെയ്യുന്നു ഇതാണ് സത്യത്തെ ബോധിപ്പിക്കുന്നത് അസത്യത്തിന് സത്യത്തെ ബോധിപ്പിക്കാൻ പറ്റും സത്യത്തിന് വ്യവഹാരമില്ല സത്യത്തിന് സത്യത്തെ ബോധിപ്പിക്കാൻ പറ്റത്തില്ല അസത്യം ബോധിപ്പിച്ചാൽ അതെങ്ങനെ സത്യമാകും അസത്യം ചൂണ്ടിക്കാണിക്കേണ്ടതാണ് സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസത്യത്തിനെങ്ങനെ സത്യത്തെ ബോധിപ്പിക്കാൻ പറ്റും അസത്യം ബോധിപ്പിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ സത്യം എന്ന് പറയുന്നതിന് എന്താ അർത്ഥമാണ് സത്യത്തിന്റെ നിർവചനം എന്താണ് മൂന്ന് കാലത്തും അല്ലെങ്കിൽ മൂന്നവസ്ഥയിലും ബാധിക്കാതിരിക്കുന്ന സത്യം അസത്യം ബാധിച്ചു പോകുന്നു ഈ അനുഭവപ്പെടുന്നത് സർവവും ചിത്തസ്പന്ദന രൂപത്തിലുള്ളതാണെന്ന് പറയുന്നത് ഏകനായിരിക്കുന്ന അദ്വൈതനായിരിക്കുന്ന തിരിയന്റെ സ്പന്ദനമാണ് അതാണ് ശാസ്ത്രമായും ശ്രുതിയായും ഉപദേശമായും എല്ലാം വിജയിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിലൂടെയല്ല എന്താ അദ്വൈതത്തെ ബോധിക്കുകയാണ് ദ്വൈതത്തിലൂടെ അതെങ്ങനെ സാധ്യമാകും അത് ശാസ്ത്ര വ്യാപാരവും അവിടെ നമുക്കെന്ത് സ്വീകരിക്കാം ദ്വൈതാഭാവേ ഈ ദ്വൈതം ദ്വൈതത്തെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് നമുക്ക് സ്വീകരിക്കാം അത്രയും അംഗീകരിക്കാം അത് കഴിഞ്ഞെന്ന് വരും ദ്വൈതത്തെ നിലനിർത്തുന്നു ദ്വൈതം ദ്വൈതത്തെ നശിപ്പിക്കുന്നു എന്ന് പറയും ഇതിന് അദ്വൈതം എന്ന് പറയുന്ന ഒന്നിൽ പ്രവർത്തിക്കാൻ സാധ്യമല്ല എന്തുകൊണ്ട് വിരോധ ഇത് രണ്ടും നമ്മൾ ചേരുന്ന ഒന്നല്ല പരസ്പര വിരുദ്ധമായ കാര്യമാണ് അവിടെ ഈ ദ്വൈതത്തിന് എത്തിച്ചേരാൻ നോക്കത്തല്ല ആ അദ്വൈതത്തെ അതിനു നേരെ വിരുദ്ധമായതുകൊണ്ട് ഈ ദ്വൈതത്തിന് ശാസ്ത്രം ഗുരു ശിഷ്യൻ എന്ന് പറയുന്ന അതിനെ ബോധിപ്പിക്കാനോ ബോധിക്കാനോ സാധ്യമു എന്നാലും നിങ്ങൾ പറയുന്നു ചെറു ചോദിക്കാറുണ്ടല്ലോ സാധാരണ രീതി ഇതെല്ലാം മിഥ്യാണെന്ന് പറയുന്നു അപ്പോ ഈ പറയുന്ന നാക്ക് മിഥ്യല്ലേ പറയുന്ന വാക്ക് മിഥ്യല്ലേ അപ്പോ ഈ മിഥ്യയായിരിക്കുന്ന നാക്കുകൊണ്ട് മിഥ്യയായിരിക്കുന്ന വാക്കുകൊണ്ട് ആണോ നിങ്ങൾ സത്യത്തെ ബോധിപ്പിക്കുന്നത് നിധ്യായിരിക്കുന്ന മനസ്സാണോ സത്യത്തെ ബോധിപ്പിക്കുന്നത് സാറിന് ചോദിക്കാറുള്ളവർ ചോദ്യം എന്നു ഇവിടെ വേറെ രീതിയിൽ ചോദിപ്പിക്കും ശാസ്ത്രത്തിന്റെ ഈ അദ്വൈതബോധനം ആ ബോധന രീതി അനുസരിച്ച് തന്നെ ശരിയല്ല എന്നാണ് കാരണം അത് തന്നെ പറയുന്നത് ഇത് അസത്യമാണ് എന്നിട്ടത് അദ്വൈതത്തെ ബോധിപ്പിക്കുന്നു നിങ്ങൾ ബോധിച്ചെന്നും പറയും പരസ്പര വിരുദ്ധമുള്ള കാര്യമാണ് ഇതെങ്ങനെ സംഭവിക്കും ചോദ്യം സമാധാനം തുറന്നു വരുന്നു ശ്രീ ഗുരു